കരണവുമിന്ദ്രിയവും കളേവരം തൊട്ടറിയും അനേകജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻതിരുപുരുവാണുതിരഞ്ഞുതേറിടേണം വെളിയിലിരുന്നു വിവർത്തമിങ്ങുകാണും വെളിമുതലായ വിഭൂതി അഞ്ചുമൂർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാന്തൻ അറിവുമൊരാദിമഹസ്സുമാത്രമാകും വിരളത വിട്ടുവിളങ്ങുമം മഹത്താമ അറിവിലമർന്ന അതുമാത്രമായിടേണം ഉണർന്നു ചിന്ത പലതുമിതൊക്കെയുമുറ്റുപാർത്തു നിൽക്കും വിലമതിയാത വിള കുതിക്കയും പിൻപൊലികയുമില്ലിതു കണ്ടുപോയിടേണം ത്രിഗുണമയം തിരുനീരണിഞ്ഞു റീശൻ അകമലരിട്ടു വണങ്ങിയക്ഷമാറി സകലവും അഴിഞ്ഞുതണിഞ്ഞു കേവലത്തിം മഹിമയുമറ്റുമഹസിലാണിടേണം परमं ത്പാദുജമയാ പരമം യാമ്യന്വഹം മീം ശരണം വ്രചസം മേ വിഭോ വീക്ഷാ മേ ദിശ ചുഷീം സകരുണാ ദിവ്യൈ ശിരം പ്രാർത്ഥിത ശംഭോലോകുരോ മദീയമനസൗഖ്യോപദേശം കൂരു ഒരു ആമുഖമായിട്ട് ആദ്യ ശ്ലോകം മുതൽക്കൊന്ന് അവിടെ എവിടെയായിട്ട് ഒന്ന് സ്പർശിച്ചു ഇന്നലെ നമ്മൾ പറഞ്ഞു ആത്മാനുഭവസമ്പന്നനായ ഗുരുദേവൻ അരുവിപ്പുറത്ത് വന്ന് വളരെ ഫ്രഷായിട്ട് തൻ്റെ അനുഭൂതിയുടെ രസം നുണഞ്ഞുകൊണ്ട് എഴുതിയ കൃതിയാണിതെന്ന് ഓരോ പദമും വിളിച്ചോതനുണ്ട് യോഗ തലത്തിലൊക്കെ മണ്ഡലങ്ങളുണ്ട് എന്നുവച്ചാൽ കൂടുക കുറയുക ഇതൊക്കെയുണ്ട് ആത്മജ്ഞാനത്തിന് മണ്ഡലമൊന്നുമില്ല അനുഭൂതിക്ക് ഏറ്റക്കുറച്ചലൊന്നുമില്ല പോക്കുവരവൊന്നുമില്ല പോക്കുവരവുള്ളവരെ അവസ്ഥകളാണ് സത്യാനുപതം സത്യാനുഭൂതി എന്ന് പറയുന്നത് ആത്മാനുഭൂതി ഒരവസ്ഥയല്ല അത് സ്ഥിതിയാണ് നമ്മളുടെ സ്വരൂപമാണ് അവസ്ഥകളൊക്കെ തന്നെ വരുകയും പോവുകയും ചെയ്യും അത് മനസ്സിന്റെ ആണ് രമണ മഹർഷി അരുണാചല അക്ഷരമണമാലയില് ഒരു പാട്ടില് പറയുന്നു ഈ പോക്കും വരവും കൂടിയുള്ള അവസ്ഥ പോയി കിട്ടണം പോക്കും വരവും ഇല്ല പൊതുവെളിയിനിൽ അരുൾപോരാട്ടം കാട്ടിൻ അരുണാചല വരുക പോവുക എന്നുള്ളത് ആ അവസ്ഥകളൊക്കെ തന്നെ വിരഹത്തിനും അത് വരുമ്പോൾ ആനന്ദത്തിനും കാരണമായിട്ട് തീരും ഹർഷത്തിനും വിരഹത്തിനും കാരണമായിട്ട് തീരും അത്തരത്തിലുള്ള അവസ്ഥകളെയൊക്കെ കടന്ന് എപ്പോ വ്യക്തമായ സ്വരൂപ ബോധം ഉണ്ടാവണമോ വാക്ക് വളരെ വളരെ ചിന്തിച്ചാണോ പറയണത് സ്വരൂപ യോഗമല്ല സ്വരൂപ ബോധം നിർവികൽപയോഗമല്ല നിർവികൽപ്പ ബോധം നിർവികൽപ്പയോഗം എന്ന് പറയണത് നിർവികൽപ്പ നിർവികൽപ്പ ബോധം എന്ന് പറയണത് സഹജ നിർവികൽപ്പ സമാധിയാണ് ഒന്ന് സമാധി ദശയിൽ മാത്രം ഉണ്ടാവണതാണ് മറ്റേത് സമാധി ദശയിലൂടെ കടന്നുപോയിട്ടോ അല്ലാതെയോ പ്രത്യപിജ്ഞ കൊണ്ട് ഉണ്ടാവണത്താണ് ആ പ്രത്യപിജ്ഞ ഒരിക്കലും മാറില്ല ഞാൻ അതാണ് എന്നുള്ള അനുഭവം തന്റെ അസ്തിത്വം ശരീരത്തിലോ മനസ്സിലോ ബുദ്ധിയിലോ അഹങ്കാരത്തിലോ അല്ലെന്നും താൻ ശുദ്ധമായ ശിവമാണെന്നും അവിടെ തന്റെ സ്വത്വത്തിന്റെ ദൃഢീകരണം പിന്നെ അത് വിട്ടുപോവില്ലെന്ന് തത്രാത്മത്വം ദൃഢീകുറുവെന്ന് അഹമാദിഷു സന്യജൻ ഉദാസീനതയാതേശു തിഷ്ഠേത് ഘടപടാതിവത് എന്ന് വിവേക ചൂടാമണിയിൽ ഈ ഒരു ഘട്ടത്തിനെ ആചാര്യസ്വാമികൾ പറയണു തത്രാത്മത്വം ദൃഢീകുറുവൻ അഹമാദിഷു സന്യജൻ ഈ അനുഭൂതിയിൽ തലങ്ങളില്ല എന്നുള്ളത് ശ്രീശങ്കരന്റെ ജീവിതത്തിലും രമണ മഹർഷിയുടെ ജീവിതത്തിലും നാരായണ ഗുരുസ്വാമിയുടെ ജീവിതത്തിലും ഒരുപോലെ നമുക്ക് കാണാം ശ്രീശങ്കരൻ എട്ടു വയസ്സിൽ ഗോവിന്ദഭഗവത്പാദരുടെ മുമ്പില് ചൊല്ലിയതാണ് ദശശ്ലോകി നമുക്ക് ആ കഥയൊക്കെ പ്രമാണമായി എടുക്കാമെങ്കിൽ എട്ടാമത്തെ വയസ്സിൽ ഗോവിന്ദഭഗവത്പാദരുടെ മുമ്പിൽ ചൊല്ലിയതാണ് ഇത്രയും ന ഭൂമി ന തോയം ന തേജോ നവായുഹും നഖം നേന്ദ്രിയം സമൂഹ അനൈകാന്തികുഷുപ്തികസിദ്ധസ്തദേകോ വശിഷ്ട ശിവലോഹം പത്ത് ശ്ലോകങ്ങൾ ചൊല്ലി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തന്റെ കൃ കൃത്യങ്ങളൊക്കെ പൂർത്തിയാക്കി താൻ ശരീരം ഉപേക്ഷിക്കുമെന്നുള്ള ഘട്ടത്തിൽ പത്മപാതരെ ചോദിച്ചപ്പോൾ അദ്വൈതത്തിനെ മുഴുവൻ സംഗ്രഹിച്ച് ഉപദേശിക്കണമെന്ന് ചോദിച്ചപ്പോഴും ഉപദേശിച്ചത് ഇത് തന്നെ എന്ന് വെച്ചാൽ എട്ടു വയസ്സിലുള്ള ദർശനം മുപ്പത്തിരണ്ട് വയസ്സിനകത്തേക്ക് മാറിയില്ല നേരെമറിച്ച് മനോമണ്ഡലത്തിലുള്ള ദർശനങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് താൻ വിശ്വസിക്കുന്നത് അടുത്ത കാലത്ത് മാറിപ്പോവും ഒരു കാലത്ത് താൻ ഒരു അവസ്ഥയിലിരുന്നു അടുത്ത കാലത്ത് ആ അവസ്ഥ മാറിപ്പോവും ഭൌതിക തലത്തിൽ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കാണാം ഒരു കാലത്ത് കണ്ടുപിടിച്ചത് അടുത്ത കാലത്ത് തള്ളിക്കളഞ്ഞു പോകുന്നു രമണ മഹർഷി ഇരുപതാമത്തെ വയസ്സിൽ ശിവപ്രകാശം പിള്ള എന്ന ഭക്തൻ ചോദിച്ചതിന് ഉപദേശിച്ച് എഴുതി കൊടുത്തതാണ് ഞാനാര് എന്നുള്ള പുസ്തകം ആ പുസ്തകത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് വർഷം അവിടെ ഉണ്ടായിരുന്നിട്ട് തന്റെ എഴുപതാമത്തെ വയസ്സിലും പറയണത് ഒന്നും വ്യത്യാസമില്ല എന്നുവെച്ചാൽ സത്യത്തിൽ സ്വരൂപത്തിൽ ഗ്രഡേഷൻസ് ഒന്നുമില്ല ഗ്രഡേഷൻസ് ഒക്കെ മനസ്സിലാണ് മാറുക ഉയരുക താഴുക ഇതൊക്കെ മനോമണ്ഡലാണ് തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ കൂടുക കുറയുക ഏറുക ഇറങ്ങുക ഒന്നുമില്ല വരവൊന്നുമില്ല ആ സത്യത്തിന്റെ അനുഭവം നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകത്തിലും അദ്വൈത ദീപികയിലും ജനനീ ഏത് കൃതികളിൽ കണ്ടാലും അനുഭൂതിയുടെ രസം ഒന്നു തന്നെ ഒന്നും മാറ്റല്ല എന്തിനാണിപ്പൊ അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് പുതിയതായിട്ടൊന്നുമില്ല നിങ്ങളൊക്കെ അനുഭവിക്കണത് തന്നെയാണ് പക്ഷെ നിങ്ങളെ അറിയണില്ല രമണ മഹർഷിയുടെ അടുത്ത് പല ഭക്തന്മാരും വളരെ ചാതുര്യത്തോടുകൂടെ ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് ചോദ്യം ചോദിച്ച് ഉത്തരം സമ്പാദിച്ചിട്ടുണ്ട് ഒരാള് ചോദിച്ചു ഭഗവാൻ ജ്ഞാനികൾ ജഗത്തിനെ മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കാണുന്നു എന്നും ബ്രഹ്മമായിട്ട് കാണുന്നു എന്നൊക്കെ പറയണമല്ലോ അങ്ങ് എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു നിങ്ങളൊക്കെ എന്താണോ കാണുന്നത് അതേ ഞാനും കാണുന്നുള്ളൂ പക്ഷെ നിങ്ങൾ ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ കാണുന്നുണ്ടെന്ന് മാത്രം ഞാൻ കാണുന്നതിന് നിങ്ങളും കാണുന്നുണ്ട് പക്ഷെ ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ശരീരം കാണുന്നു മനസ്സ് കാണുന്നു വിശേഷം കാണുന്നു രാഗദ്വേഷത്തോടുകൂടെ കാണുന്നു സ്ത്രീയാണെന്ന് കാണുന്നു പുരുഷനാണെന്ന് കാണുന്നു ആത്മാനുഭവം എന്ന് പറയുന്നത് പുതിയ ഒരു അനുഭവമല്ല വാസ്തവത്തിൽ നമുക്കുള്ള ഒരേ ഒരു അനുഭവം ആത്മാനുഭവമാണ് ആത്മാനുഭവമേ ഉള്ളൂ അത് പുതിയതായിട്ട് വരേണ്ട ഒരു അനുഭവമാണെങ്കിൽ വന്നിട്ട് പോയി പോകും നമ്മള് ആത്മാവിനെ തന്നെയാണ് പ്രപഞ്ചമായിട്ട് കാണുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചമായിട്ട് കാണുന്നത് അകമയ്ക്ക് തിരിഞ്ഞാൽ മനസ്സായിട്ടും ചിത്തവൃത്തികളായിട്ടും ഒക്കെ കാണുന്നത് ഒക്കെ കലർന്ന് നിൽക്കുകയാണ് കൂടിക്കലർന്ന് നിൽക്കുകയാണ് ആത്മോപദേശത്തിനോട് അടുത്ത് ഗുരുദേവൻ പറഞ്ഞു സത്യവും മിഥ്യയുമായി കൂടിക്കലർന്ന് നിൽക്കുന്ന ഈ അവസ്ഥ വലിയൊരു നീതിഹാനി എന്നാണ് വെച്ചാൽ വലിയൊരു വിഷമം പിടിച്ച കാര്യമാണ് ഹംസം പാലും വെള്ളവും കൂടി കലക്കിവച്ചാൽ പാലു മാത്രം പിരിച്ചെടുക്കും എന്ന് പറയും അതുപോലെ പരമഹംസജനം പരമഹംസന്മാര് ഇതിൽ നിന്നും ചിത്തിനെ മാത്രം സത്യത്തിനെ മാത്രം വസ്തുവിനെ മാത്രം വേർതിരിച്ച് കാണാനുള്ള ദൃഷ്ടിയുള്ളവരാണ് അതാണ് അവരുടെ ചാതുര്യം കൗശലം കൗശലം എന്നാണ് വാക്ക് ജനകൻ പറഞ്ഞു കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോഖ്യതെന്നാണ് ഇത്രയും നേരം ഞാൻ ജഗത്ത് കണ്ടു ഇപ്പൊ എന്തു സൂത്രം കൊണ്ടാന്ന് അറിഞ്ഞില്ല പരമാത്മാ കാണപ്പെടുന്നു കുതശ്ചിത് കൗശലാദേവ പരമാത്മാവിലോഖ്യത ഏതാവന്തമഹം കാലം മോഹേന ഇവ വിടംബിത കാലം ഞാൻ മോഹിച്ചുപോയി കണ്ടിട്ടും അറിഞ്ഞില്ലല്ലോ എന്നാണ് ഇപ്പൊ ഇതാ ഏതോ സൂത്രം ഒരു കൗശലം കൊണ്ട് പരമാത്മാവ് കാണപ്പെടുന്നു ഭഗവാൻ കാണപ്പെടുന്നു അതുകൊണ്ട് നമ്മളിപ്പോ ഗുരുദേവന്റെ ഈ കൃതിയിലേക്ക് പ്രവേശിക്കുമ്പോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനാണ് എന്നുള്ള മോഹം വിട്ടുകളയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ആദ്യത്തെ ശ്ലോകമായിട്ട് എടുത്തത് ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല ഉരുമറവാൽ ഒരു കുറി നാം അറിയാത്തതിങ്ങൊന്നുമില്ല ഒരു കുറി എന്ന് പറഞ്ഞതിന് സാധാരണ നമ്മൾ പറയണത് ഒരു പ്രാവശ്യം എന്നുള്ള അർത്ഥമാണ് പറയാ പക്ഷേ ഒരിക്കലും നമ്മൾ അറിയാത്തതായ ഒരു വസ്തുവിനെ അല്ല നമ്മളിവിടെ അന്വേഷിക്കുന്നത് അറിവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അനുഭവം എന്നർത്ഥം നമ്മളുടെ സ്വത്വം എങ്ങനെയാ അറിയപ്പെടുന്നത് നമുക്കൊക്കെ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ഞാൻ ഉണ്ട് എന്നുള്ള ഒരേ ഒരു അനുഭവം മാത്രമാണ് അതും അതിമനോഹരമായിട്ട് ഗുരുദേവൻ പറഞ്ഞു അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്ന് അറി അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി ഇവിടെ അഹം എന്ന അനുഭവത്തിനെ മാത്രമാണ് അറിവ് എന്ന് പറഞ്ഞത് നമ്മള് കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ബുദ്ധി കൊണ്ട് അറിയുക മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ഇതിനാണ് അറിവെന്ന് പറയണത് ഗുരുദേവനാകട്ടെ അഹം എന്ന അനുഭവത്തിനെ മാത്രം അറിവായിട്ട് സമ്മതിച്ചുകൊണ്ട് ആ അറിവിലേക്ക് വരാൻ ആദ്യം ഈ ഇന്ദ്രിയ തലങ്ങളിലുള്ള അറിവിനെ കടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് തുടങ്ങുന്നതും അപ്പോഴാണ് അധ്യാത്മമാവണത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് ആ അറിഞ്ഞിടുന്നവന്റെ ഉരുവ് അഹമെന്ന അനുഭവം ഞാൻ ഉണ്ട് എന്ന അനുഭവം അഹമസ്മി എന്ന അനുഭവം ഈശ്വരന്റെ അസ്തിത്വം അവിടെ വേണം അനുഭവിക്കാം വേദമഹാവാക്യങ്ങളെ എടുത്താലും എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ ശ്രുതിയുടെ ഉത്തരം പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മം പ്രജ്ഞാനമാണ് പ്രജ്ഞാനം എന്നു വെച്ചാൽ പ്രകർഷേണ ഉള്ള ജ്ഞാനം പ്രകർഷേണ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ജ്ഞാനമൊക്കെ ഇന്ദ്രിയജ്ഞാനമോ ബൗദ്ധികമായ ജ്ഞാനമോ മനസ്സുകൊണ്ടുള്ള ജ്ഞാനമോ ഒക്കെയാണ് ബുദ്ധിയുടെയോ മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ കൂടിക്കലർപ്പില്ലാതെ സ്വയമേവ ഏത് പ്രകാശിക്കുമോ സ്വയം പ്രകാശമായ ഏതൊന്നുണ്ടോ അതിനെയാണ് ജ്ഞാനം എന്ന് വേദാന്തികൾ സമ്മതിക്കുന്നത് അങ്ങനെ ഒറ്റ ജ്ഞാനമേ ഉള്ളൂ അഹം എന്നുള്ളത് അതിനെ തന്നെയാണ് അനുഭൂതി എന്നും ശാസ്ത്രീയമായിട്ട് പറയണത് ചിത്സുഖി എന്നൊരു വേദാന്ത ഗ്രന്ഥമുണ്ട് വളരെ പ്രൗഢഗ്രന്ഥാണ് അതിൽ സ്വപ്രകാശലക്ഷണം എന്ന് പറഞ്ഞ് തന്നെ വിചാരണ്ട് അതിന്റെ സ്വപ്രകാശ ലക്ഷണം പറയുമ്പോ അനുഭൂതികാശ അനുഭൂതി സ്വയം പ്രകാശമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അനുഭൂതിത്വാത് അനുഭൂതി ആയതുകൊണ്ട് എന്തുപോലെ എന്ന് ചോദിച്ചാൽ അനുഭൂതിവത് അനുഭൂതി പോലെ ആ അനുഭൂതി എന്താണ് അഹം എന്നുള്ളതാണ് ഞാൻ എന്നുള്ളതാണ് ആ അനുഭൂതിയുടെ സ്വരൂപം അഹമിരുളല്ല ഇരുളാകിലന്ധരായി നാമ അഹമഹമെന്നറിയാതിരുന്നിടേണം സ്വോധേ ന അന്യബോധേച്ഛാ ബോധരൂപതയാത്മന ദീപസ് അന്യദീപേച്ഛാ യഥാസ്വാത്മപ്രകാശനെ ഒരു വിളക്കുണ്ട് എന്ന് കാണിക്കാൻ മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ തന്നെ ഞാനുണ്ട് എന്നറിയാൻ ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിൻ്റെയോ സഹായം ആവശ്യമില്ല അങ്ങനെ ഒരു സഹായവും ആവശ്യമില്ലാതെ സ്വയം പ്രകാശിക്കുന്നതാണ് പ്രജ്ഞാനം ആ പ്രജ്ഞാനം തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കണ ബ്രഹ്മം എന്ന് കാണിക്കാനാണ് രണ്ടാമത്തെ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മം എന്നല്ല അർത്ഥം അങ്ങനെ ആളുകൾ ധരിച്ചു വെക്കുന്നുണ്ട് ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം നമുക്ക് അറിയില്ലല്ലോ ഞാൻ രാമൻ ഞാൻ കൃഷ്ണൻ എന്നു പറയണ പോലെ ഞാൻ ബ്രഹ്മം എന്നല്ല ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നത് അതിന്റെ ലക്ഷ്യാർത്ഥം അതിന്റെ സ്വരൂപം നമുക്ക് അറിയണത് ബ്രഹ്മം അറിയില്ല ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു വാക്കു മാത്രമാണ് ആളുകൾ പലപ്പോഴും ഈ വാക്കുകളിൽ പെട്ടുപോകും ആത്മാവെന്നും ബ്രഹ്മമെന്നും ബോധമെന്നും ചൈതന്യമെന്നും പ്രപഞ്ചമെന്നും പല വാക്കുകളും നമ്മൾ ഉച്ചരിക്കും ഈ വാക്കുകളൊന്നും വസ്തുവല്ല ഈ വാക്കുകളൊക്കെ വെറും സൂചനകൾ മാത്രമാണ് അപ്പോ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യത്തിന് ഞാൻ ബ്രഹ്മം എന്ന അർത്ഥം പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താ അറിയില്ല അവരവർ ഭാവന ചെയ്തോളും എന്തോ വലിയൊരു സാധനമാണെന്ന് അല്ലെ അങ്ങനെയല്ല അഹമെന്നതിനെ അറിഞ്ഞാൽ ഞാൻ എന്ന അനുഭവത്തിനെ അറിഞ്ഞാൽ നമുക്ക് സാധന വളരെ എളുപ്പമാണ് വേറെ ഒന്നും വേണ്ട സർവവേദാന്ത ജ്ഞാനത്തിനും സകല ഉപനിഷത്തുകളും സകല പുസ്തകങ്ങളും ഇവിടുന്ന് മറിഞ്ഞു പോയാലും ഒന്നും പേടിക്കാനില്ല കാരണം അവനവന് അവനവന്റെ അസ്തിത്വത്തിന്റെ അനുഭവം ഉണ്ടല്ലോ അതെന്ന് സകല ഉപനിഷത്തുകളും വന്നോളും ശാസ്ത്രങ്ങളുടെ മുഴുവൻ യോനി അവനവന്റെ സത്താ അനുഭൂതിയാണ് അവനവന്റെ സ്വാനുഭൂതിയാണ് അവനവന്റെ അസ്തിത്വത്തിൻ്റെ അനുഭൂതിയാണ് അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന മനുഷ്യൻ വളരെ വേഗം ഋഷിയായിക്കൊള്ളും ഋഷിത്വം സിദ്ധിച്ചോളും അവന് അതുകൊണ്ട് സത്യത്തിനെ തന്നിൽ അറിഞ്ഞ് അറിവിലമർന്ന് അപരത്വമാർ ആർന്നിടാതി അറിവിനെ ഇങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായ അറിവിയില്ല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു പണ്ഡിതൻ ഇവിടെ പറയണത് ജ്ഞാനിയെ ജീവൻ മുക്തനെയാണ് ആ ജ്ഞാനിയുടെ രഹസ്യം എന്താണ് അദ്ദേഹത്തിന്റെ സീക്രട്ട് എന്താണ് മഹർഷിയെ കണ്ടവര് ഒക്കെ മഹർഷിയുടെ ആ ഇരുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗുരുദേവനെ കണ്ടവര് പലരും എഴുതി വെച്ചത് എനിക്കൊരു സങ്കടം ഉള്ളത് അതാണ് നാരായണ അത്ര കണ്ട് ചോദ്യം ചോദിച്ചും ഉത്തരങ്ങൾ വാങ്ങിച്ചും ഗുരുദേവന്റെ വ്യക്തിത്വത്തിന് അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനസ്ഥിതിയെ പ്രകാശിപ്പിച്ചും നമുക്ക് അത്ര കണ്ട് കിട്ടുന്നില്ല നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ കൃതികളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രമാണമായിട്ടിരിക്കണത് അത് ഒരുവിധത്തിൽ നല്ലതുമാണ് കാരണം അവരവരുടെ ഭാവന ചിലപ്പോ കലരും എങ്കിലും നല്ല ഭക്തിയും ശ്രദ്ധയും ഉള്ളവർ കണ്ട് കണ്ട് വെക്കുന്നതും ഒരു സുഖാണ് നാരായണ എഴുതി വെച്ചവരുടെയും ചില കൃതികളിലൊക്കെ കാണാം എന്തോ ഒരു രാമകൃഷ്ണപരമംശര് പറഞ്ഞ പോലെ കോഴി അടയിരിക്കുന്ന പോലെ ഒരു ഇരുപ്പ് വേദം തന്നെ വർണ്ണിക്കേണ്ടത് തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂറയ ദിവ ചുരാതം എവിടെയോ വേക്കൻ സ്പേസിലേക്ക് നോക്കണ പോലെ ഒരു ദൃഷ്ടി പുറമേക്ക് ഒന്നും കാണുന്നില്ല കണ്ണ് തുറന്നിരിക്കുന്നു ഇതിന് തമിഴിലെ ഒരു ചൊല്ലുണ്ട് ആട്ടിന്റെ കണ്ണു പോലെ എന്നാണ് എന്ന് വെച്ചാൽ മനുഷ്യന് ആടിന്റെ കണ്ണ് വെച്ചു കൊടുക്കും ആ കണ്ണൊന്നും കാണാനൊന്നും കൊള്ളില്ല കണ്ണിന് വേണ്ടി വെച്ചു അതുപോലെ പുറമേക്ക് ദൃഷ്ടിയില്ലാത്തൊരു ദൃഷ്ടി പിന്നെ എന്തിനെയാ കാണുന്നത് കാണുന്നവനിൽ തന്നെ രമിക്കുന്ന സ്ഥിതി ചിത്വദർശനം തത്വദർശനം ഉപദേശസാരത്തിൽ ഒരിടത്ത് പറയണു ഭഗവാൻ രമണ മഹർഷി ചിത്വദർശനമാണ് ആത്മ സംസ്ഥിതി ഹി സ്വാത്മദർശനം താൻ തന്നിൽ ഇരിക്കലാണ് അതകുമേക്ക് യാത്ര ചെയ്തവർക്ക് മാത്രം മനസ്സിലാവണതാണ് അറിവിലമർന്ന് അപരത്വമാർന്നിടാതെ ഈ അപരത്വമാർന്നിടാതെ എന്ന് വെച്ചാൽ അന്യൻ എന്ന് പറയുന്നത് വരുന്നത് തന്നെ എനിക്ക് എന്റെ അസ്തിത്വം അറിയാൻ മാത്രം മനസ്സ് വേണ്ട നിങ്ങളെയൊക്കെ അറിയണമെങ്കിൽ ഒന്നിൽ കാണണം അല്ലെങ്കിൽ തൊട്ടുനോക്കണം അല്ലെങ്കിൽ കേൾക്കണം ഇവിടെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കണം അവരവിടെ എവിടെയോ ഉണ്ട് എന്ന് അറിയാനായിട്ട് മനസ്സില്ലെങ്കിൽ അന്യമില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടാൽ പോലും മനസ്സില്ലെങ്കിൽ അന്യമില്ല ഇവിടെ ഒരു അനഗഡോട്ട് പറയാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മഹർഷിയെ രമണ മഹർഷിയും നാരായണ ഗുരുസ്വാമിയും കൂടെ കണ്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന പാർശ്വതന്മാരില് മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഏറ്റവും അവസാനമായിട്ട് സമാധിയായ ഒരു മഹാത്മാവായിരുന്നു കുഞ്ചസ്വാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും മറ്റോ ആണ് കുഞ്ചുസ്വാമിയുടെ സമാധി തന്നെ ഇവിടെ രണ്ടുപേരുണ്ട് അവർക്ക് അറിയാം അവരൊക്കെ കണ്ടിട്ടുള്ളതാണ് കുട്ടിക്കാലം മുതൽക്ക് മഹർഷിയെ തന്നെ കണ്ടവരുണ്ട് ഇവിടെ കുഞ്ചുസ്വാമി തന്നെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ആ ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കുഞ്ചുസ്വാമിയെ ഞാൻ കാണുമ്പോ അദ്ദേഹത്തിന് തൊണ്ണൂറിനടുത്ത് വയസ്സായി കഴിഞ്ഞു എങ്കിലും വളരെ ബുദ്ധി Kushanathayode, Malayali Ayrunodheyan Palakkadu karanana, Narayanaguru Swami de Samadhi kya Umba, Iwada, Vandu Kandutu Ondu. Ramana Bhagawan parnayetta, Narayanaguru Devanay Vandu Kandutu Ondu. Ramanaashramatthana Chirnaringi Ngomndu Ondu Ondu. Apeku njus Swami inserintu parnayetta, Skandashramatthana Malayana Mughalile, Arunachalatthana Mughalile, സ്കന്ധാശ്രമം എന്ന് പറഞ്ഞ് മഹർഷി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ അവിടെയായിരുന്നു അവിടെ വെച്ചാണ് കണ്ടത് കാഞ്ചീപുരത്തിൽ പോയിട്ട് വരികയായിരുന്നു നാരായണ ചില ശിഷ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് മഹർഷിയെ കാണാൻ പോകുന്ന സ്വഭാവമുള്ള ചിലരുണ്ടായിരുന്നു ഒന്ന് അമൃതനാഥ യതീന്ദ്രൻ വേറെ ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞിട്ടാണ് ആ മഹർഷികൾ എവിടെയും പോവില്ലല്ലോ നമ്മൾ തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങട് വന്നു എന്നാണ് കഥ അവിടെ വന്നപ്പോ ഈശാന്യ മഠത്തില് ഉള്ളവരാണ് നാരായണ ഗുരുസ്വാമിയെ നേരത്തെ അറിയുകയും അവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തത് അതിലൊരു ചെറിയ പയ്യൻ വന്ന് നമസ്കരിച്ചു ഗുരുദേവന്റെ യോഗശക്തിക്ക് ഒരു ദൃഷ്ടാന്തോടെ ഉണ്ടായി ഈ കുട്ടി വല്യവനാവും എന്ന് പറഞ്ഞു ആ കുട്ടി പിന്നീട് ഒരു നല്ല ഒരു തപസ്വിയായിരുന്നു നടേശസ്വാമി എന്ന വലിയ ഭക്തനായിരുന്നു നമ്മുടെ ഭഗവാന്റെ അടുത്തും വളരെ അടുപ്പുണ്ടായിരുന്നു നല്ലൊരു യോഗിയായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് അവിടെ നിന്നാണ് സ്കന്ധാശ്രമത്തിലേക്ക് വന്നത് സ്കന്ധാശ്രമത്ത് വരുമ്പോഴുള്ള ഇൻസിഡന്റ് ആണ് കുഞ്ഞു പറഞ്ഞത് സ്കന്ധാശ്രമത്തിൽ അഴിയിട്ടിട്ട് അകത്ത് മഹർഷി ഇരിക്കുന്നുണ്ട് നാരായണ കൂടെ വന്നവര് രണ്ട് സന്യാസികളെ അകത്ത് നമസ്കരിച്ചു നാരായണ ഗുരുദേവൻ പുറത്തൊന്നും നോക്കി മഹർഷിയും നോക്കണുണ്ട് ഒന്നും മിണ്ടിയില്ല അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചില്ല അവിടുന്നൊന്നും പറഞ്ഞില്ല അവിടെ ഒരു ചോട്ടൽ പുറത്തൊരു മരത്തിന്റെ ചോട്ടിൽ ചെന്ന് നാരായണ അവിടെ ഇരുന്നു ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് കഴിക്കേണ്ട സമയമായപ്പോ മഹർഷി പുറത്തു വന്ന് In diyabaat. Yes. God replied with Maya. No Guru fünfman, no normal Jrs sah imingistan. Abbot you been caring about MUF-19 Taai does not mean that forever. Even God died, and mine was a very good thing.. O conversation shall I be learningis within a place to change? In that, ഊണ് കഴിഞ്ഞിട്ടാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോ അതിഥികൾ വരുമ്പോ നമ്മൾ വരവേറ്റിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നും അവർ കയറി വരുമ്പോ നമ്മൾ നമ്മളുടെ വാട്ടിൽ നടന്നു പോയാൽ അത് വലിയ അപമാനായിട്ട് തോന്നും സാധാരണ പക്ഷേ നമ്മളുടെ വീട്ടിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ ആ കൊച്ചു കുട്ടികൾ ആരെങ്കിലും വന്നാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ അവര് അവരുടെ പാട്ട് നടന്നു ആർക്കും ഒരു വിഷമം തോന്നില്ല എന്താന്ന് വെച്ചാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാവങ്ങളൊന്നുമില്ല ഞാനൊന്നുമില്ല മറ്റുള്ളവനൊന്നുമില്ല ചി ഒന്നുമില്ല ഊണ് കഴിച്ചിട്ട് നാരായണ ഗുരുസ്വാമി അവിടെ ഇരിക്കുന്നുണ്ട് രമണഭഗവാൻ അദ്ദേഹത്തിന് ഒരു പതിനൊന്നര മണിക്കൂർ നടക്കാൻ പോക്കുണ്ടായിരുന്നു നടക്കാൻ പോയി എത്ര നടക്കാൻ പോവാന്ന് വെച്ചാൽ തിരിഞ്ഞ് ഒന്ന് പറഞ്ഞിട്ടെങ്കിലുമൊക്കെ പോവില്ലേ ആ പറഞ്ഞിട്ട് പോക്കൊന്നും ഇല്ലാതെ അങ്ങോട്ട് അങ്ങോട്ട് പോയി അത് നോക്കുമ്പോ വളരെ എന്താ നമ്മുടെ പറഞ്ഞില്ലേ ഭരതനാട്യം അറിയുന്ന ആൾക്ക് ഭരതനാട്യം കളിച്ചാൽ അറിയാം കഥകളി അറിയുന്ന ആൾക്ക് മുദ്ര കാണിച്ചാൽ അറിയാം ഈ അന്യൻ ഇല്ലാത്ത സ്ഥിതി അന്യൻ ഇല്ല എന്ന് പറയാം മനസ്സിലാണ് അന്യത്വമേ മനസ്സിലാണ് വേറെ ഒരാൾ ഉണ്ട് എന്നുള്ള ഭാവം ഉള്ളവരെ നമ്മൾ മനസ്സിൽ ഒരാൾ ഉണ്ട് ധരിച്ചിരിക്കുന്നിടത്തോളം അയാളെ അവഗണിച്ചാൽ അത് അവഗണന തന്നെയാണ് പക്ഷെ മനസ്സിൽ അന്യനില്ലെങ്കിൽ കേവലമായ ചിത്ത് മാത്രമേ ഉള്ളൂ അവിടെ മനസ്സില്ല എന്നുള്ളതിന് ദൃഷ്ടാന്താണ് നാരായണ ഗുരുസ്വാമിയെ നോക്കുമ്പോ നാരായണ ഫുൾ അറ്റൻഷൻ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ തിരിഞ്ഞാ ഇല്ല എന്നാണ് യോഗവാസിഷ്ടത്തില് ജീവൻ മുക്തന്റെ അവസ്ഥയെ പറയാം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് രൂപം പ്രതിഫലിച്ചു ഇങ്ങട് തിരിഞ്ഞ കണ്ണാടിയിലൊന്നുമില്ല മുമ്പിൽ കാണുമ്പോ ഉണ്ട് ഇങ്ങട് തിരിഞ്ഞില്ല അവിടെ ആളില്ല ലോകം എന്ന് പറയുന്നത് സൃഷ്ടി ദൃഷ്ടി എന്നാണ് പറയാം ദൃഷ്ടി സൃഷ്ടിയോ സൃഷ്ടി ദൃഷ്ടിയോ ഒക്കെ സൃഷ്ടി ദൃഷ്ടി എന്ന് പറയുന്നത് സാധാരണ സൃഷ്ടിച്ചിട്ട് നമ്മൾ കാണുന്നു എന്നാണ് യോഗികളുടെ അനുഭവം ദൃഷ്ടി സൃഷ്ടിയാണ് അവിടെ കാണുമ്പോണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല അങ്ങട് തിരിഞ്ഞ കഴിഞ്ഞു പ്രപഞ്ചമില്ല കാണുമ്പോ വ്യവഹാരത്തിനുണ്ട് ഇങ്ങട്ട് കഴിഞ്ഞാൽ അത് സൈക്കോളജിക്കൽ ഇംപ്രഷൻസ് ഒന്നുമില്ല മഹർഷി നടക്കാൻ പോയി അപ്പോഴാണത്രെ ഗുരുദേവൻ ഈ നിർവൃത്തി പഞ്ചകം എഴുതിയത് വരുന്ന ആളെ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന സ്ഥിതി എന്നുവെച്ചാൽ ഇന്നലെ പറഞ്ഞില്ലേ പ്രതിബന്ധം പ്രതി പ്രതിവിഷയം പ്രതി ബന്ധമില്ല തന്നെ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കിയാൽ പ്രപഞ്ചത്തിലെ എല്ലാരെയും വ്യക്തികളായിട്ട് കാണും തനിക്കും വ്യക്തിത്വമില്ല കാണുന്നവരിലും വ്യക്തിത്വമില്ല ആത്മാവിൽ നിന്ന് അന്യമായ ഒന്നുമില്ല അപ്പൊ വരുന്നവനെ വർണ്ണം ആശ്രമം ജാതി നാട് ലിംഗം യാതൊരു ഭേദവും കാണാനില്ല കോ നാമദേശ കാ ജാതിഹി പ്രവൃത്തി കാ ഇത്യാദി വാദോപരത്തി യുവ നിർവൃത്തി എന്നാണ് നിർവൃത്തി മനസ്സിന്റെ ഒരു ഭാവമല്ല ബുദ്ധിയുടെ ഒരു നിശ്ചയമല്ല സ്വാനുഭൂതിയിൽ നിന്ന് മാത്രം വരുന്ന സുഖത്തിനെയാണ് നിർവൃത്തി എന്ന് പറയണത് ൂ ഫുൾമെന്റ് വേണമെങ്കിൽ പറയാം ഫുൾഫിൽമെന്റ് ഹോൾനെസ് പൂർണ്ണത അതിൽ നിന്ന് വരുന്ന തികവ് നിറവ് കുറയില്ലാത്ത സ്ഥിതി പൂർണത ആ നിർവൃത്തി എപ്പോഴൊക്കെ വ്യക്തിത്വം ഉണ്ടാവണോ അപ്പോഴൊക്കെ ഭൂമാവിൽ ഖണ്ഡം ഉണ്ടാവും ഖണ്ഡസംവിത്ത് എന്ന് പറയും സംവിത്ത് ഖണ്ഡിക്കപ്പെടും ബോധം ഖണ്ഡിക്കപ്പെടുന്നത് ഞാൻ എന്നുള്ള വ്യക്തി അഭിമാനം ഉദിക്കുമ്പോഴൊക്കെ ചിത്തിൻ വയത്തിൽ ചിരിയതൊണ്ട് പിറന്താൽ എന്ന് ചോദിച്ചു ഒരാൾവാർ ചിത്തിൻ വയത്തിൽ ചിരിയതൊണ്ട് പിറന്താൽ എത്തൈ തിൻ്റെ എങ്കേ കിടക്കും അത്ത തിൻറ് അങ്ങേ കിടക്കും ഈ അഖണ്ഡമായ പ്രജ്ഞയിൽ ഞാൻ അഭിമാനം എന്തിനാ ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യത്തിന് ശേഷം തത്വമസി എന്നൊരു മഹാവാക്യത്തിന്റെ ആവശ്യം വരണത് എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മമായിരിക്കാൻ പാറ്റില്ല ഞാൻ ബ്രഹ്മമാണെന്നും നിങ്ങളെ സ്ത്രീ പുരുഷനാണെന്നും ഞാൻ കാണുമ്പോ എന്റെ ബ്രഹ്മത്വം പോയി ഞാൻ വ്യക്തിയായി പോകും ഞാൻ വ്യക്തിയായില്ലാതെ മറ്റൊരു വ്യക്തിയെ കാണാൻ എപ്പോ എന്നിൽ വ്യക്തിത്വം പോയോ അപ്പൊ സകലതും അതിന്റെ വടിവായി മാറി കാണുന്നതൊക്കെ തന്നെ അതിന്റെ സ്വരൂപമായി തീർന്നു കാണുന്നതൊക്കെ തന്നെ എന്റെ തന്നെ സ്വത്വം എന്താണോ അതാണ് പ്രപഞ്ചം ദൃഷ്ടിയും ജ്ഞാനമയം കൃത്വം പശേത്ത് ബ്രഹ്മമയം ജഗത് അതുകൊണ്ട് അറിവിലമർന്ന് വെച്ചാൽ കേവലമായ സത്തയില് സത്താചിത് സുഖരൂപമായ തന്റെ സ്വരൂപത്തിൽ ഇരുന്ന് അപരത്വമാർന്നിടാതെ അന്യനില്ലാത്ത സ്ഥിതി ഞാൻ എന്നുള്ള സ്വാനുഭൂതിയെ വിട്ട് വിലകാതെ മനസ്സ് ശരീരം പ്രപഞ്ചം ഇതൊന്നും തന്നെ ആ സത്തയില് വാസ്തവത്തിലെ ഒരു സ്പർശവും ഏൽപ്പിക്കണില്ല ഇന്ദ്രിയങ്ങളോ മനസ്സിനെയോ ഉപയോഗിച്ചുകൊണ്ടല്ല ഞാനിയുടെ സ്ഥിതി അതുകൊണ്ടാണ് പരമരഹസ്യം എന്ന് പറഞ്ഞതവിടെ നമ്മൾക്ക് മനസ്സും ഇന്ദ്രിയങ്ങളും കൂടാതെ അറിയാനോ വ്യവഹരിക്കാനോ ഒരു കരണമില്ല ഒരു ഉദാഹരണം പറഞ്ഞ ഈ പ്ലെയിന് റൺവേയില് ഓടും അതിന് രണ്ട് ചിറകും രണ്ട് ചക്രവും ഒക്കെ കാണുന്നവർക്ക് ഓഹോ ഈ ചക്രവും ചിറകുവാണ് പ്ലെയിനിന്റെ മുഖ്യമായ ഇൻസ്ട്രുമെന്റ് തോന്നും പക്ഷെ ഈ ചക്രം റൺവേയിൽ ഓടാനുള്ളതാണ് അതിന്റെ ഗ്രൗണ്ടിൽ ഓടാനുള്ളതാണ് നമുക്ക് പ്ലെയിനിന്റെ അകത്തിരുന്നാൽ കാണാം ആദ്യമൊക്കെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ റൺവേയിൽ ഓടുന്ന ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഉള്ളിലിരുന്നാൽ ആ ചക്രം ഓടി കുറച്ച് കഴിയുമ്പോൾ ആ യന്ത്രം പിൻവാങ്ങുകയും മറ്റൊരു മോട്ടോർ പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാം അപ്പോഴാണ് ഈ ടേക്ക് ഓഫ് ആവണത് നമ്മളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ റൺവേയിൽ ഓടാനുള്ളതാണ് അത് ലോകത്തിനെ രജിസ്റ്റർ ചെയ്യാനും ലോകത്തിൽ വ്യവഹരിക്കാനും ഉള്ളതാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം അതാണ് വിവേക എന്ന് ഗുരുദേവൻ പറഞ്ഞത് പറഞ്ഞു ആ വിവേക എന്ന് പറയണത് ലോകത്തിലുള്ള കാര്യങ്ങൾ അറിയുന്ന വകതിരിവല്ല അതുകൊണ്ടാണ് ടഞ്ഞെഴും അഗ്നി പോലെ ആരായവരിൽ അതിരറ്റെഴും വിവേകശക്തി പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയുന്നു അതിനിരയായിടുന്നു സർവം എന്നാലും പറഞ്ഞത് അരണി കടഞ്ഞെഴും അപ്പൊ അരണി കടയണം അല്ലെ സ്വദേഹം പ്രണവം ച ഉത്തരാരണിം ധ്യാന നിർമ്മഥനാഭ്യാസാത് ദേവം പശ്യേത് നിഗൂഢവത്ത് എന്ന് ശ്വേതാശ്വത ഉപനിഷത്തില് ഒരു മന്ത്രമുണ്ട് ദേഹത്തിനെ ഒരണിക്കോലാക്കി പ്രണവത്തിനെ മറ്റൊരണിക്കോലാക്കി മനനം എന്നിട്ട് ധ്യാനം എന്നുള്ള മഥനത്തിലൂടെ അകത്തുള്ള ദേവനെ കണ്ടെത്തണം ദേവം പശ്യേത് നിഗൂഢവത് അപ്പോ ആ ധ്യാനമഥനം എങ്ങനെ ചെയ്യും